കിട്ടിയവരുടെ സുഖ എത്രയാൽക്കും എനിക്കപ്പം കിട്ടി സന്തോഷം അടുത്ത നിമിഷത്തിൽ അതുതന്നെ ദുഃഖകാരണം കൂടുതൽ കിട്ടണമെന്ന് മോഹം നേരെ കുറിച്ച് കിട്ടിയാലും കിട്ടിയില്ലല്ലോ ഒരുപോലെ ഉപേക്ഷം വരണമെങ്കിൽ വരട്ട ഇല്ലെങ്കിൽ വേണ്ട ശ്രമിച്ചു കിട്ടണമെങ്കിൽ കിട്ട ഇല്ലെങ്കിൽ വേണ്ട ഈയൊരു മനോഭാവമാണ് വളർത്തിയെടുക്കുന്നത് എങ്കിൽ ഇതിനാണ് ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുക ഒന്നിനോടുള്ള മമത സന്തോഷവും ഇല്ല സങ്കടവും ഇല്ല ഈയൊരവസ്ഥയാണ് സമ്പാദിക്കണത് ജീപിടുത്തം ഇത് സമ്പാദിച്ചാൽ ദുഃഖം കുറയും ക്രമേണ സുഖം കൂടിയും അല്ലാത്ത കാലത്തോളം സുഖത്ത് കിടക്കുകാതെ സുഖം കിട്ടില്ല എന്ന മറുപടി പറഞ്ഞു അപ്പോൾ ചോദിച്ചു ഈ പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റി വീണ്ടും ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഭഗവാൻ മാത്രമേ ഉണ്ടായുള്ളൂ ഭഗവാൻ യോഗത്തില് തന്നെ ഉണർന്നപ്പോൾ സൃഷ്ടിക്കണമെന്നൊരു തോന്നൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഒരു രസം വേണ്ടേന്ന് തോന്നി ആ തോന്നലുണ്ടായപ്പോൾ ഭഗവാൻ്റെ ഉള്ളിൽ തന്നെയുള്ള പ്രകൃതി ചലിച്ചു വശായി ഈ പ്രകൃതി ഗുണസമ്മിശ്രമാണ് സത്വം രജസ താമസം മൂന്ന് ഗുണങ്ങളാണ് ഈ മൂന്നിന് കരുന്ന് പ്രകൃതി ചലിച്ചപ്പോൾ അതിൽ നിന്ന് എന്നൊരു തത്വം ഉണ്ടായി ഈ മഹത്വമാണ് ഇതിന് കോസ്മിക് ഇൻ്റലിജ് ഇംഗ്ലീഷ് പറഞ്ഞാൽ കോസ്മിക് ഇൻ്റലിജൻസ് എന്നാണ് പറയുക ആ കോസ്മിക് ഇൻ്റലിജൻസിൽ നിന്നാണ് പിന്നീട് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് ഈ ബോധത്തിൽ നിന്നാണ് ബോധത്തിലുണ്ടായ ചലനമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അല്ലാതൊരു പ്രപഞ്ചമേ ഇല്ല നമ്മുടെ ബോധത്തിലൊക്കെ ചലനം ഉണ്ടായപ്പോൾ ഞാനുണ്ട് അവനുണ്ട് നീയുണ്ട് പ്രപഞ്ചമുണ്ട് തോന്നി തുടങ്ങി ഈ മഹത്വത്തിൽ നിന്നാണ് അഹങ്കാരതത്വം എന്ന് വേറൊരു ഈ അഹങ്കാരത്വത്തിന് മൂന്ന് ഭാവങ്ങളുണ്ട് സത്വഗുണം രജോഗുണം തമോ ഗുണം അല്ല സത്വഗുണത്തിൽ നിന്നാണ് ദേവന്മാരുണ്ടായത് രജോഗുണത്തിൽ നിന്നാണ് മനസ്സ് തുടങ്ങി കർമ്മപുഷ്ടി ഇതൊക്കെ ഇതൊക്കെ രജോഗുണത്തിൻ്റെയാണ് തമോ ഗുണത്തിൽ അഞ്ച് തന്മാത്രകളും അഞ്ചു ഭൂതങ്ങളും ശബ്ദ രൂപ രസഗന്ധ സ്പർശം എന്ന തൽമാത്രകൾ തന്മാത്രകൾ പറഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മഭാവങ്ങളും അർത്ഥം ഏത് പദാർത്ഥത്തിനും രണ്ട് ഭാവമുണ്ട് സൂക്ഷ്മം സ്ഥൂലം സൂക്ഷ്മം പറഞ്ഞാൽ ചെറുത് സ്ഥൂലം പറഞ്ഞാൽ വലുത് അപ്പോൾ ശബ്ദം എന്ന തന്മാത്ര ഈ ശബ്ദം എന്ന തന്മാത്ര സൂക്ഷ്മമാണ് അതിൻ്റെ സ്ഥൂലഭാവമാണ് ആകാശം സ്പർശം എന്ന തന്മാത്ര അതിൻ്റെ സ്ഥൂലഭാവമാണ് വായു രൂപം എന്ന തന്മാത്ര അതിൻ്റെ സ്ഥൂലഭാവമാണ് അഗ്നി രസം എന്ന തന്മാത്ര അതിൻ്റെ സ്ഥൂലം വെള്ളം ഗന്ധം എന്ന തന്മാത്ര അതിൻ്റെ സ്ഥൂലം ഭൂമി ഇങ്ങനെ പഞ്ചതന്മാത്രകള് പഞ്ചഭൂതങ്ങള് പഞ്ചേന്ദ്രിയങ്ങള് കർമ്മേന്ദ്രിയെ ഇതെല്ലാം ഉണ്ടായ ദേവന്മാരൊക്കെ ഉണ്ടായി പക്ഷേ ഈ ദേവന്മാർക്ക് സ്വയം സൃഷ്ടി നടത്താനുള്ള കഴിവില്ല അവരൊക്കെ കൂടെ സംഘർഷണമൂർത്തിയെ ഉപാസിച്ചു ഈശ്വരൻ അനുഗ്രഹം കൊണ്ട് ഈശ്വരൻ തന്നെ അവർ പ്രവേശിച്ചു അപ്പോഴേ അവർക്ക് ചലിക്കാൻ പോലും കഴിയും അങ്ങനെ ഒരു പ്രളയകാലം കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് പഴയതുപോലെ ഒരു താമരയിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു അദ്ദേഹം താമരയിൽ തണ്ടിക്കൂടെ വേരോട്ടും താഴോട്ടും പോയിട്ട് ഞാൻ ആരാണെന്ന് അറിഞ്ഞില്ല അവസാനം തപസ് ചെയ്തു ഭഗവാനെ വീണ്ടും കണ്ടു വീണ്ടും കണ്ടു ഭഗവാനെ ഇത് ആദ്യത്തെ സൃഷ്ടി അത് ആദ്യത്തെ സൃഷ്ടിയുടെ കാലം പിന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉണ്മയും ഇല്ലായ്മയും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും ഒരു ബ്രഹ്മാവിൻ്റെ രണ്ടായിരം ചതുരുഗം കഴിയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ് പിന്നെ രണ്ടായിരം ചതുരുഗം ബ്രഹ്മാവിൻ്റെ ഒരു രാത്രിയാണ് ഈ രാത്രിയാകുമ്പോൾ ഇതൊക്കെ അസ്തമയ്ക്കും രാവിലെ എഴുന്നേറ്റാൽ ബ്രഹ്മാവ് പലപരം സൃഷ്ടി തുടങ്ങാൻ തുടങ്ങും അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആരാണ് എന്താണെന്ന് സംശയം ഭഗവാൻ്റെ അനുഗ്രഹത്തോടുകൂടി ബ്രഹ്മാവ് സൃഷ്ടി പ്രപഞ്ചങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചു പ്രപഞ്ചത്തിൽ പലതും പലതും ഉണ്ടായ പക്ഷികൾ വൃക്ഷങ്ങൾ എല്ലാം എല്ലാം എല്ലാം സൃഷ്ടിച്ച് ദാ അവസാനത്തെ ഏറ്റവും വിശിഷ്ടമായ സൃഷ്ടിയുണ്ടല്ലോ ബ്രഹ്മാവലോകഭീഷണംവ ബ്രഹ്മാന്വേഷണത്തിന് തത്വജിജ്ഞാസയുള്ള മനുഷ്യനെ സൃഷ്ടിച്ച കഥയാണ് ഇനി തുടർന്നുള്ള അധ്യായങ്ങൾ അനുസ്മരിക്കാൻ പോകുന്നത് ഐക്യഭ്രമോദ പദാർത്ഥ സുരൂപാവസ്ഥാനവിശേഷം കാവിദ സൗക്ഷ്മ സംസ്ഥാന വ്യക്തോ വ്യക്തോ സകാല പരമാണു ഭക്തരമാണുദാം സദോ വിശേഷ ഭുഗ്യസ്ഥോ സാല പരമോ മഹാൻ അണുർദോ പരമാണുത്രേണുത്രയസ്മൃത ൃഗംഭി സ്മൃത ശതഭാഗസ്തു വേദ സൈസ്മൃതൃത നിമേഷോ ജേയ ആം നത്രൻ പഞ്ച വിധു കാഷ്ടം ലഘൂനിവയമാം പാടിഘാ തേ ദ്ഹൂർത്ത പ്രഹര ഷഡ്യാമസം ദ്വാർഫലോന്മാനം ചതുർഭിച്ഛ് ചതുരങ്കുലേൈ സ്വർണമാഷയെ കൃതശ്ശിരം യാവൽ പ്രസ്ഥ ജലപ്രുതം വ്യാമാശ്ചാർ ചരോ മർയാമനി ഉഭേ പക്ഷ പഞ്ചദദാഹാന ശുക്ല കൃഷ്ണശ്ചമാനദ തയോ സമുച്ചയോ മാസപ്പിതൃണർശം ദ്വൗദാവൃതഷടയം ദക്ഷിണം ജോത്തരം ദിവി ഹൈനി ജാഹനി പ്രാഹുവൽസരസ്മൃത സംവത്സര ചതന്ദ്രൃണരമായതം ഗ്രഹക്ഷത രാജക്രസ്ഥു ആദിജൽ സംവത്സരാവസാന പരേത്യമിഷോ വിഭോ സംവത്സര പരിവത്സര ഇടാവത്സര ഏവജ അനുവസരോ വൽസരശ്ചാരം പ്രഭാഷ്യത പ്രഭാഷ്യതൃജ്യ ശക്തി മുരുസോഭ്രമാതി ഹലാഖ്യാ ഗുണമയർ തസ്മേ ബലിം ഹരതവത്സര പഞ്ച കായാ ശ്രീവിതിരുവാച പതൃദമനുഷ്യം സ്മൃതം പരേഷാം ഗതിമാചക്ഷുസ്യോ കൽപ്പൽ ബർദ ഭഗവാൻ വേദകാല ഗതി ഭഗവതോ നനോ വിശം വിചക്ഷതധീരാ യോഗരാധ്യയന ചക്ഷുഷാ ശ്രീമൈത്രയോ കൃതം ത്രയതരം ചാകലിശ്ചേ ചതുുഗം ദിവേദ്ദശേ സാവധാനം നിരുപതി ചരി ത്രീണ്യ ചൈകം കൃതൃശി യഥം സഖ്യതാണ് സഹസ്രാണി ദ്ഗുണാൻ ശതാ ജ സന്ധ്യാംശയോരന്തരേണ ഹലശ്ശതസ്യയോ തഹൃഗം യത്ര ധർമ്മോ വിധീയത്തെ ചതു ധർമ്മശ്ചതുഷ്പ്പനുജാൻ കൃത്യ സമനത്തെ സ എവ്വാധർമ്മേണ സേവാന്യേഷധർമ്മേണ വേദി പാദേന വർദ്ധത ലോകിയ യുഹ സഹസ്രം ബഹിരാബ്രഹ്മണോദം താവത്യേക നിശായ താഥ എനിമീലതി വിശ്വസാന ആരോധോ ലോകകൽപ്പോന് വർത്തേ യാവ്ദിനം ഭഗവതോ മനോന് ഭുഞ്ജം ചതുർദം കാൽം മനോർഭുക്തോധി കാധി കാാം സപ്തതി മനോന്തിരേഷുമേസുരാം ൈഭവസുരേശാശ്ചാന് ദൈനന്ർഗോ ബ്രഹ്മശ്രൈലോക്യവർദ്ധന തീര്യദേവ സഭവോ എത്ര കർമ്മഭന്വന്തിരേഷു ഭഗവാഭ്രസത്വം സമൂർത്തി മന്മാതിഭീരിം വിശ്വമവ്യുത പൗരുഷ തമോ മാത്രം ഉപാധായ വിക്രമാകാലശേഷ ആസ്തേ തൂഷൻ ദിനത്തെ തമേവാന്നീയന് തേ ലോകാ ഭൂരാദേ ത്രയാമനൃം നിർമുക്ത ശശിഭാസ്കരം ത്രൈ ത്രിലോകർഷ്മണ മഹർലോക ജന മൃഗ്വാദയോർദ്ധി താവ ത്ര്രിഭുന സദ്യ കിന്ധവാ അന്തല ആസ്തേ നോ ഹരി യോഗ നിദ്രാമീലാ വിധേരോരാത്രപക്ഷത ഇവരശതം യർമാ പരാർമത പൂർവ പരാർപകോ പ്രവർത്തനത്തെ പൂർവ്യാദോ പരാർ ബ്രഹ്മോ നൂഹ്മാ ശബ്ദബ്രഹ്മേം വിതു തസ്േ കൽപോദ്യം പാത് അഭിചക്ഷത്തെ യദ്ധരേർ ലോക રોહમ આયં દો ગતિ કલ્પો ધીદ્યસ્યા અભિભારદા વારાહ યદિ વિક્યાદો યત્રાસીલ સુગરો હરિ કાલો યં વિદર્થા અર્થાક્યો નિમેષ ઓયેતિ હે અવ્યાહગ્રદસ્ય આનંદસ્ય અનાધર્જકદાલપના કાલો યં પરમાણ્વાદિ દેવર્ાર્ધાં દેવૈશ્વરા નૈવેષિતમ પ્રભોર્ભો નૈશ્વરો ધામમાન્ના વિકારે સહિદો યુક્તે રિષેષાધિરાવરદા આંડ ગોષો ભિરેયં પંજાશલકોડી વિસ્તrada દશોત્તરાધિકેયત્રા પ્રવેશ્ત પરમાણુ વલ્યક્ષદે અંતર્ગદાસ્ચાન્્યે ઓડીશોષંドラશય സദാഹുരക്ഷണം ബ്രഹ്മസർവാരണകാരണം വിഷ്ണുറുധാമ പരം സാക്ഷാത് പുരുഷന് महात्मना इति श्रीमद्भागवते महापुराणे द्वादशम अध्यायं संविधायाम् दनामसंकीर्तये स्कन्ते एकादशोध्ययात्रे वचा इद्रे वर्ण लक्षत्र कालाख्यपरमात्मना महिमावेदगर्भो यतासाक्षि निबोधमे ससज्जाग्रं धनामश्रमरदामश्रमादि महामोहनजमोहनज तवस्तज्ञानवृत्य दृष्टवा भावीये दृष्टिनात्मनाम बहुवन्नयदा भगवध्यानभूदेना मनसाान्य मनसाान्य स्तदोसय तलगंज सनंदनज सनातन महात्मभू सनककुमारजपनीन ഭാഷേ സ്വഭൂപുത്രാൻ പ്രജസജ പുത്രക തന്നൈ ചന്മോക്ഷധർമ്മണോ വാസുദേവരാണ സോമധ്യത സുധൈരേം പ്രതി പ്രത്യാഖ്യത അനുശാസനെ കോധം ദുർഭകം ജാതം നിയന്തപക്രമേണ ഭൂർ മധ്യ പ്രജാതീ സദ്യോ ജയതന്മന്മാരോ നിരരുതാ ഹര മഹാദേ യർജലൂര്യശന്ദ്രവസ്ഥോ <tir yummy> ീർവൃത്തിളാമ്പതി സുദാഷ രുദ്രാണിയോ രുദ്രദേശിയ ഗ്രഹാണിതോഷ സജ പ്രജ ബഹ്വീ പ്രജ നമസ്പയാദൃഷ്ട ഗുരുന വന്നലോഹിത സത്വാഗതി സ്വഭാവന സ സജ്ജാത്മസമാജ രുദ്രാണതം ജഗൽ ദശാമ്യസോ യുധാന് പ്രജാപതിര ശത അലം പ്രജാപാജീവി സ്ത്രോത്തമ മ മ മ മ മ മ മ മ മ മയാ സഗദേഹന്ദി ദശ ചുഭൈ താപ ആദൃഷ്ട്രഭൂതസ്വഭാവകം തപസൈ യഥാർത്ഥം സൃഷ്ട വിശ്വമിതം ഭവാം തപസൈ ബലഞ്ജ്യോതിർഭവന്തോക്ഷം ഗുഹാവാസം അഞ്ജസാ വിന്ദുമാൻ ി മൈത്രയുവാചം ആത്മഭുവാദിഷ്ട്രമ ഗ്രിരാംബം ബാഠഭിത്യമന്ത്യ വിവേശതപസൈവനം അധാഭിധ്യത യോഗസന്ധാനഹേതരോ ഭക്ഷരനോ അങ്കുഷ്ട സ്വയംഭു പ്രണത് വധി സ്വജി കർണയോ അംഗിരാമോക്ഷിണതോ യഥാനായ പശ്ചോ യസ്മാൻ മൃത്യലോകമ ഹൃദി കാമുക്ോതോ ലോഭ യത്പൂർവൈകൃതാപരെ യം ദുഹൃതിരംഗേ അനുഗൃഹ്യം ജഗദ്ഗുരുവൃത്തമനതുന് ആത്മസ്തമ്യജയാമ സമർതി സ ഇത്തൻ പുരോദൃം അതാജിധ്യയതേദ ചതുർമുഖാൽ കഥം ശക്ഷ്യം ലോകാന് സമവേദ ചാതുർഭൂത്രം കർമ്മതന്ത്രം ഉപവേദനയുവവേദനൈസർമ്മശ്ശോ തഥൈ ആശ്രമമൃത്യാശ്രീവാചം സവൈ വിസൃശോ വേദീൻസജൽ എദ്യ തന്മയ ബ്രൂഹതഭൂത മൈത്രയ ഉചം രിഗ്യജുസ്ഥോർവാക്കേദാൻ പൂർാവാതിമുഹി ശ്രസ്ത്രജ്ഞാസുസ്ഥോമം പ്രായശ്ചിത്തം ആയുർവേദം ഗാന്ധർവേദം ആത്മസ്ഥാജ് വേദം കമാൽ പൂർവാതിഭന്മുഖേതിഹാസപുരാണായി പഞ്ചമം വേദം ഈശ്വരം ഷോഡശശുക്തൗ പൂർവക്താവ ൃത്തിഞ്ച ബ്രഹ്മർ വൈഹാനുടീജം പിന്നെ സൌഷ്യോമഭ്യോ ഗാത്രയ ത്ചോോഭ്യോ യഗത്യസ് ജഗത്യസ്ത്ര പ്രജാതി മജ്ജാ ഭക്തിരുത്പന്നാണദോഭവൽ സ്വജ്ജീവസ്വരോദൃതൽ സപ്തവിഹാരേണ്രഹ്മാത്മനസ്തൃക്തക്തത്മന പര ബ്രഹ്മ വിതോ നാനുപംതോ സഗീരാം ഭൂരിവീര്യാം അഭിസർഗമ ജാദേശി ഗൗരവ അഹോ അത്ഭുതമേതന്മേദി ക്ഷേത്രേ താഭ്യം ലോകവിഭാഗാ സമപത്തി യസ്തുത്രമ സ്വായംഭുര സ്ത്രീ ഭഗവാന്റെ വരാഹാവതാര ചരിതമാണ് അനുസ്മരിക്കുന്നത് ശ്രീ ശുഗവാചാം നിശമ്യവാചം വുനേ പു പുണ്യതമാപ ഭൂയപ്പവ്യോ വാസുദേവൃത ശ്രീവിദുര ഉച്ച സവൈ സ്വായംഭു സമ്രട് പ്രി പുത്ര സ്വയംഭുവാ പ്രതിലഭ്യി പത്ീം ചാരതോ മുനേ ചരിദന്ദ രാജ ഋഷേരാധിരാജ്യ സത്തമാ ബ്രൂഹി മേ ശ്രദ്ധാന വിഷക്സേനശ്രയോ്യസൗ ശ്രുത പുംസാം സുചിരശ്രമസഞ്ജസൂരി ഈഡിതോർ യൽഗുണാനുശ്രവണം മുകുന്ദ പാദാരവിന്ദം ൃതയേഷാംീശുവാച ഇതി ബ്രുവാണം വിധുരം വിനീതം സഹസ്രശ്രീകൃഷ്ണശരണോപാനം പ്രഹൃഷ്ടരോമാഭവത്കഥ പ്രണീയമാനോ മുനി അഭ്യച്ടാ ശ്രീമൈത്രേ ഉവാച യഭാരഗം ജാതസ്വായംഭു മനു പ്രാഞ്ജലി പ്രണതശ്ചേദം വേദഗർഭമ ഭാഷത ഏകസർവൂതൃമൂർത്തി അഥാ പ്രം തേ ശുശ്രൂഷാ കെയ വാ ഭേൽ തദ്ധേ നമസ്തുഭ്യം കർമ്മസ്വീഡ്യാത്മശക്തിഷൂയൽ ഹയശോ വിശ്വജമുത്രജൽഗരി ബ്രഹ്മോവാച പ്രീതസ്തുഭ്യമഹം തവസ്തിര യലീകൃതാധിമേയാൽമനർപ്പതം ഏതാവത്മയൈർവീര കാര്യപജിതിർഗുരൗ ശക്യാ പ്രമത്തൈർഗൃഹ്യേത സാദരംഗതമത്സരേ സത്വമ സത്യാസ്യമപത്യാ സദൃശാനാത്മനോ ഗുണൈ ഉൽപ്പ ശാസധർമ്മേണ ഗാ യജ്ഞയ പുരുഷയജ പരം ശുശ്രൂഷണം മഹ്യം സൽ പ്രജാരക്ഷയാമൃഭവാം സ്േ പ്രജ ഭർത്തൃഷ കെശോനുഷ്യതിയാംോ ഭഗവാൻ യജ്ഞലിംഗോ ജനർദന തോം ശ്രമോ ഹ്യർ യത്മാദൃതസ്വയം മനുരുവാച ആശേഹം ഭഗവതോ വർത്തയാമേ വസൂദന സ്ഥാനം ദുഹ്യുജാനീ പ്രമ ച പ്രഭോ യദോകർവസീമസി അസുദ്ധരണേ യോ ദേവാദിയധീയതാം ശ്രീമൈത്രേ ഉവാച പരമേ ത്വാം മധ്യേ തധമപേക്ഷം കഥമേനാം സമുന്നേഷ്യേത് ദൂധിയാചിരം സൃജതോ മേക്ഷിതിർഭിമാന രസാമനുഷ്ഠേയമസ്വാഭിസ്സർഗയോജിത യഹം ഹൃദയാദാസം സ ഷോ വിദധ മേ ഇധ്യയതോ നാസാ വിവരാൽ സഹസാനഘാ വരാഹോ ഗോ നിരഗാൽ അംഗുഷ്ടപരിമാണകോവിന്ദീർത്തനം ഗോവിന്ദ ഗോവിന്ദം ഹരെ നാരായ ായണ ഹരിയായണ ഹരേനാരായണ താഭി പശ്യത്ണേനിലില ഭാരതജമാത്ര പ്രവൃ തദ്ുതമഭൂന്മഹൽ മരീചി പ്രമുഖർവിപരൈർമനുനഹ ദൃഷ്ട്വാ തൽ സൗകരം രൂപം തർക്കമാസിത്രേതൽ സൗകരവ്യാജം സത്വം ദിവ്യമവസ്ഥിതഹോദാശ്ചര്യം മാസാമേ വിസ്തൃതം ദൃഷ്ടോരോമാത്രക്ഷണാൽഗണ്ഡശി സമ അഭിസ്വിൽ ഭഗവാൻ ഏഷയജ്ഞോ മേഖേയന്മന ഇതി മീമാംസത ബ്രഹ്മണ സഹ സൂനുഭവാൻ യജ്ഞപുരുഷോ ജഗൃത്യാഗേന്ദ്രസന്ധ ബ്രഹ്മാണം ഹർഷയാമാസ ഹരി താശ് ദ്വിജോത്തമാൻ സ്വർജിത പ്രതിസ്വനയതാ വിഭു നിശമ്യതേ ഖർഘരിതം സ്വഖേദക്ഷയ്മയസൂകരസിനേത്രി പവിത്രൈർമുനയോ ഗൃഹന് സ്മ തം സതാ വേദവിധാനമൂർത്തി ബ്രഹ്മാവധാരത്മഗുണാനുവാദം വിനദ്യഭൂയോ വിബുധോദയാ ഗജേന്ദ്രലീലോ ജലമാവിശ ഉൽക്ഷിപ്തല ഖചര ക സടാവിധുന്വൻഖരോമശുരാഹതാഭ്രസിതം പ്രൈക്ഷാദ്യോതിർബാസേ ഭഗവാൻ മഹീദ്ര ഘ്രാണേന പൃഥ്വ്യ പദവീം വിജിഘ്രൻ കോടാവശസ്വയമ ത്വരാ കരാളദംഷ്ട്രോപ്യകരാളദൃഗ്യമുക്ഷ്യപ്രാൻഗൃതോ വിശൽക്കം സവജ്രഗൂഢാംഗനിപാതേഗ വിശീർണുക്ഷിസ്തനയൻ മുദന്വാൻ ഉത്സൃഷ്ടദീർഘോർമിഭുജൈരിവാർത്തശുക്രോശ യജ്ഞേശ്വര പാഹിമേരി ഖുരൈക്ഷുര പ്രൈർദരം ദദർശാന്ം ത സുഷുപസുരഗ്രേയാം ജീവധാനീമഭ്യധംശ്രയോധൃത്യഹീമ സൗത്ഥിതമൃചേരസായ തൈത്യയാതന്തം സുനഭസന്ദീവിധ തീവ്രമണ്യോ ജാനന്ധാനമസഹ്യക്രമം സലീലേഫം മൃഗരാടിംഭസി തദ്രക്താംഗിതഗണ്ഡതുണ്ടോ യഥാഥേന്ദ്രോ ജഗീം വി തമാലനീലം സിതദന്തകോട്ട്യാക്ഷമാം ഗജലയാ പ്രജ്ഞായ ബദ്ധാഞ്ജലയോനുവാഗൈർവിരിഞ്ചു മുഖ്യീശം ഋഷയൌചോ ജിതം ജിതം തേ ജിതയജ്ഞാവനത്രയീം തനു സ്വാം പരിധുന്മതൈ നമ യോമകർത്തു നിലിധരാസ്തമൈ നമ വൈദന്ദനു ദുഷ്കൃതാത്മന ദുർദർശനം ത്വജിബരിഹി രമസ്വാജ്യം ധ്രിഷി ത്വൃഷ ചാദുർഹോത്രം സ്രക്തുണ്ടാസീൽസ്രുവൈഷമാസയോ സ്രക്തുണ്ടാസീൽസ്രുവൈഷമാസയോ ഇഡോദരെ ചമസ കർണരന്ധ്രേ പ്രശിത്രമാസേഗ്രസനേ ഗ്രഹസ്തു തേർവണം തേ ഭഗവൻ അനിഹോത്രം ദീക്ഷാനുജന്മോപതശിധരം ത്യണീയോദയ ജിഹ്വാ പ്രവർഗ്യസ്ഥവ ശീർഷകം കഭ്യവസ്യം ചിതയോ സമോഹിതയും സോമസ്തൂരേ സവന്യവസ്ഥിതി സംസ്ഥേദസ്തവ ദ സത്രു സർവാരീരസന്ധിസ്വം സർവജ്ഞിബന്ധന നമോ നമസ്തിലിലമന്ത്രദേവതാദ്രവ്യകൃതവേ കിയാത്മനി വൈരാഗ്യഭക്രിയാത്മജയാതജ്ഞാ വിദയാഗുരവേ നമോ നമ ദാഗ്രകോട്യ ഭഗവംസ്ത്രയാധൃത വിരാജതേ ഭൂധര ഭൂ സഭൂധരാ യഥാവസ്സരതോ ദൃതമേന്ദ്ര സപത്രപത്മിനദം ചൗകര്യം ഭൂമണ്ഡലേനാഥ ദൃതേന തേ ചതി ശൃംഗോഘന ഭൂയസുലാചേന്ദ്ര യഥൈവ വിഭ്രമ സംസ്ഥുഷാ ലോകാത്നീമസി മാതരം പിത വിധേമചാസ്യൈ നമസഹ ത്യാം സ്വതേജോക്വാരണാവധ്രദ്ധീത തവ പ്രഭോരസായ ഭുൗദ്വിബർഹണം നവിസ്മയോ സൗ ത്വ വിശ്വവിസ്മയേ യോ മായ ഏദം സസർത് വിസ്മയം വിധുന്വതാവേദപഥം നിജം വപു ജനസ്തൃവാസിനോ വയം സടാശിഖോദ്ഭൂത സഡാശിഖോദ്ധൂത ശിവാംബുബിന്ദുഭ വിമു ധൃശമീശപാവിതൈബ്രഷ്ടമതിഷത്തെ യം പാരമപാരകണ യോഗോമായാഗുണയോമോഹിതം വിശ്വം സമസ്തം ഭഗവന്വിധേശം ശ്രീമൈത്രേയ ഉവാചസ്ഥീയമാനസ്തൈർമുനി ബ്രഹ്മവാദി സലിളേ സ്വഹുരാകാത്തോത്തവനിം സൈദ്ധം ഭഗവാൻ ഉർം വിഷക്സേന പ്രജാതി രസയാ ലീലയോന്നീതസൂന്യസേ ഹരിയേതാ ഹരിധസോ ഹരെ കഥാ സുഭദ്രാ കഥനീയമായിന ശൃണ്ശ്രമേത വോശീം ജനർദോ സുഹൃതി പ്രസീദതി തൻ പ്രസന്നേ സകലാശിഷാം പ്രഭോ കിം ദുർഭം താഭിരലം ലവാ അനന്യദൃഷ്ടജതാംുഹാശയസ്വയം വിധത്ത് സ്വഗതിം പര പരാം കോ നമലോകെ പുരുഷാർത്ഥസാര വിൽപുരാ കഥാനം കർണാജലിഭവാമഹോ വിരജേത വിനേതരം ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംതം തൃതീയസ്കന്ധേ വരാഹപ്രാദുർഭാവാനു വർണന ത്രയോദശോധ്യ ഗോവിന്ദനമസീർത്തനം ൃതൃതിരോധശ്രേ ഹരിയത്നമൂർത്തി ആദി ദൈറ്റോ ഹിരണ്യക്ഷോഹദ ദൈത്യശുശ്രമാ ജോദ്ധരക്ഷോണി ലീലയാ ദൈത്യരാജസ ബ്രഹ്മൻ കസ്മാരഭൂമൃ ശ്രീമൈത്രയോ സാധു വീരാ പൃഷ്ടമവതാരം ഹരെം പൃച്ഛസി മയാ മൃത്യുപാശ വിഷാദിനം cedented�를 ochond� Kazakh�膧erne Darr gobierno utenant ()� ഄരഞൽ진 ഄ pantry അധമേ കുരുമം കിലോചന ആർത്തോസർപ്പം ഭൂമൻ അമോഖം മഹിമഹ അമോഹം ഹിമഹീയസി മാം വീരമാര്യചക്മണ ബഹുഭാഷണീം പ്രത്യാഹാനയൻ പ്രവൃത്താനകലാം ഏഷത്തെഹം വിധ്യമി പ്രിംച്ചു സിദ്ധിസ്ഥൈവർഗി യഥ സർവാശ്രമാനുപാദുവാശ്രമേണത്രസനർണവച്ചതിലയാന യഥാർവം യാഹുരാത്മനോഹയർയ സ്യമാനനീയസ്യാംധുരമധ്യസ്ഥ പുമാംശ്ശരി വിജ്വലാം മാശിത്യേന്ദ്രി ആരാധേന്ദുർജയരാശ്രമയേ വയം ജയമാദേഹേഭിർദ യഥാതിലയമാവേ ഘോരാം ഘോരദർശന ചരന്ത്യം ഭൂത ഭൂതേശാനുചരാണിഹം സാധ്യസന്ധ്യം ഭഗവാൻ ഭൂതഭാവനഷേതരാശ്മശാനൂധൂമ്രകീർണ വിദ്യോത ജടാകളാ ഭസ്മാവകുണ്ഠാമലേഹോ ദിഭേ പശ്യരസ്ഥോകേശോജന പരോ വാത്തൃതോ നോത വിഗർഹ്യ വയം മൃതൈര്യച്ച ആശാസ്മഹേ ജാബദ ഭുക്ത ഭാസവധ്യാചരിതം മനീഷിണോ ഗൃണന് വിദ്യം ബിഭിർസവാ നിരസ്ഥസാമ്യ ശ്രീമൈത്രയോ <laughs> സൈവം സംവിധേ ഭർമന്മഥോന്മഥിത്തെ ജഗ്രാഹവാസോ ബ്രഹ്മർഷേ ഭഗതത്രവാസ വിധി ഭാര്യാം നിർബന്ധം വികർമണി നൃഷ്ടഹസി തയാ അഥോപ വിവേശ തയാ അഥോപവിവേഷ അഥോപൃശ്യ സലം പ്രാണനയജാ വിരജം ബ്രഹ്മജ്യോതി സനതനം ദിതിരിതേന കർമാവധ്യേന ഭാരത ഉപസംഗമ്യപ്രേർഷേ അധോ മുഖ്യഭ്യഭാഷദിതിരുവാച മാമേ ഗർഭമം ബ്രഹ്മൻഭൂതം വൃഷഭോവധീരുദ്ര പതിർ ഭൂതം യരവംഹസം നമോ രുദ്രാമഹദേഗ്രായ ശിവായ ന്യസ്ഥണ്ടായ ദാമന്ഗവാനുഗ്രഹവ്യധസ്യപ്യനുഗമ്യം സ്ത്രീണേവേ പതി ശ്രീമൈത്രച സ്വർഗ്യശിഷം ലോക്യം ആശാസാനം പ്രവേപതി നിവർത്ത സന്ധ്യമോ ഭാര്യാ മാഹ പ്രജാതി കശ്യപ്രചാദ്യത ആത്മനസ്തേ ദോഷാൻമഹൂർത്തി മന്തിദേശ അതിചാരേണേഞ്ചാതിഹേളന ഭവിഷ്യതവാഭദ്രാവഭദ്രേ ജാഠരാധമോ ലോകാന് സവാലാ സ്ത്രീം ചണ്ഡിമുഹുരാഷ്യത പ്രാണിം ഹ്യമാനം ദീനൃതാം സ്ത്രീണ ൃഹ്യം നിഗൃഹ്യമാണാനം ഗോ മഹാൽപോ തേശരോ ഭഗവാൻ ലോകഭാവന അനിഷ്ടവധി യഥാൻ ശതപര്ഗവതാരഹുന ആശാസേ പുത്രം ബ്രാഹ്മണ വിഭോദണ്ഡദഗ്ധ്യൂധാശാൻഗൃതിാം യോനിമസോ ഗതാശ്യപോകോനുതേനൃതശോകാൻ സദ്യ പ്രത്യോമർശന ഭഗവത്യുരുമാന ചേ മയ്യ ദാശുദ്ധം ഭഗവത്യശ സാസമം യോഗേർഹേമേ ദുർവർണം ഭാവിഷ്യർരാതിരാത്മാനം വ്യക്തി വം സ സുദൃ് ഭഗവാൻ യോഷ്യത അനന്യാ ദൃശ്യാഭാഗവതോ മഹാത്മാ മഹാനുഭാവോ മഹതാ മഹേഷ്ട്രവൃദ്ധഭക്തനുഭാവിദാശേ നിവേശ വൈകുണ്ഠമം വിലംബട ശീലധരോ ഗുണാകരോ ഹൃഷ്ടരധ്യം വ്യഥിതോ ദുഃഖിതു അഭൂത ശത്രുജഗത ശോകർത്ത നൈദാഖ്യകം താപമോട് രാജ അന്തർബ്യാമലമ്യേത്രം സഭൂരുഷേച്ഛാനുഗൃീതൂപം പൗത്രസ്തവശ്രീലാമം ദൃഷ്ടാസ്പരൽ ഗുണ്ടല മണ്ഡിദാനണം ശ്രീമൈത്രയോവാജ ചിത്വാ ഭാഗവദം ഭവത്രമ മോദദ ദീർഭൃജം ഉത്രയോചാവാ സംകൃഷ്ണാൽ വിദിत्वाസീ മഹാമനാ ഇതി ശ്രീമദ് ഭാഗവത മഹാപുരാണേ ആനന്ദ സംവിതായം നാമ സംഗീർത്തേ പ്രിയസ്കന്തി ചാദർഥോധ്യായ ഗോവിന്ദ ഗോവിന്ദം ശ്രീമൈത്രയോവാജ പ്രജാവത്യന്തേജ പരതേജോഹനം വർഷാണു ശതം ശങ്കമാനസുരാർധന ലോകേതേ അനഹതാ ലോകേ ലോകമാനഹതോജസേന്ധ്വാന്ത വ്യതികരം ദിശം ദേവാജോ തോ വേഥ സംവിജ്ഞാദ് ഹ്യക്തം ഭഗവത കാലേ നൃഷ്ട വർമന ദ ജഗദ്ധാർക ശിഖാമണേ പരാ പരേഷമ പരേഷാതം ഭൂത ഭാവവിൽ നമോ വിജ്ഞാനവീജ്യായപയുഷേ ഗൃഹീതഗുണ ഗുണഭേദായ നമസ്തേ വ്യക്തയോ യേ ത്ന ഭാവേന ഭാവേന്ദ്രിയത്മഭാവനം ആത്മനി പ്രോദുനം പരം സതസാൽം സ്വഭക്വ യോഗം ജിതശ്ശാസേന്ദ്രിയൽ പ്രസ്പസ്യജ സർവ്വാഗാവസ്ഥയന്തിരന്തിലിമായാസ്മൈ മുഖ്യേ നമ സത്വം ഭൂമം തമസുപതർമ്മ അതൃതയാദൃഷ്ടർ ശീക്ഷിതം യഷ ദർ ദീത ദിശസ്തിമലയൻ സർവർഗ്നി श्री वाजा सप्रहस्या महाबाहो भगवान मानसामे सुदा ചേരുവിൻ്ല ഭഗവതോ വൈകുണ്ഠ്യാമത്മന യുകുണ്ഠ നിലയംകൃതം വസതിൈകുർത്തയാമ ധർമ്മേണാരാധേന് ഹരിം യത്ര ജാദ്യ പുമാനസ്തേ ഭഗവാൻ ശബ്ദഗോചരാസത്തം വിഷ്ടഭ്യരജം സ്വാം നോ മൃഡയൻ വൃഷാ യത്ര നൈശ്രേസം നവനം കാമധുഖേർദ്രുമേശ്രീഭർഭ്രാജൽ കൈവല്യമ മൂർത്തിമൽ വൈമാനികരിതായന്തി ലോകശമലക്ഷണാ ഭർത്ത അന്തർജലേേന് മധുമാധവീന ഗന്ധേന खांडिvarthetaa panyanamkhibanda paravadaanyabhrada sarasachakravahadatyogah amsashukadittiri barghinamya korahalo viramadejiramatra ucheer brungadhive harigadhamivagaymane mandaragundagurabolpaga jambaga jambagarnabunnaganaagavagulaambujavarijadaagandarthave tulasigaabharane natasya yastin stavasutamanoh യൻ തവസ്സു മനസോ ബഹുമാനയ സങ്കുലം ഹരിപദാനി മാത്ര ദുഷ്ടേവൈഡൂര്യമാരഗത ഹേമമയർഭിമാനൈ യാ ബൃഹൽ കടീതടാസ്മുഖ്യൃഷ്ണാൽമ ശ്രീരുവിണീ കുണയതി ചരണവിന്ദം ലീലാംുജയ ഹരിസത്മനി മുക്തോഷാ സംലക്ഷ്യതേ സ്ഫടിയുഡ്യം സമ്മാർജതിയേഗ്രഹേത്ന വാഷു വിദ്രുമതടാസ്വമലാമൃതോ പ്രേശ്യുതാ നിജവനേ തുളസീബിരീശം അഭ്യർച്ചതി സൊടകുമെന്ന സമീക്ഷ വക്തമുച്ഛേഷിതം ഭഗവത് ഭഗവതദേയ ശ്രീ യന്നജന്യകോ രജന അനുവാദ ശൃണ് അനന്യ വിഷയാ കുകഥമതിർഭിരാ